ദൂതന്റെ വിളിയെ നിങ്ങൾ പരസ്പരമുള്ള വിളിയെപ്പോലെയാക്കരുത് നിങ്ങളിൽ നിന്ന് രഹസ്യമായി ഒഴിഞ്ഞുമാറുന്നവരെ അള്ളാഹുസുബാനഹുവറ്റല തീർച്ചയായും അറിയുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ തങ്ങൾക്കൊരു പരീക്ഷണമോ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷയോ ഏൽക്കുമോയെന്ന് ഭയപ്പെടട്ടെ